യൂണിറ്റ് സിക്സ് ലെസൺ ട്വന്റി ത്രീ ലിസൺ എനിക്ക് പച്ചവെള്ളം കുടിക്കാമോ അമ്മ എനിക്ക് പച്ചവെള്ളം കുടിക്കാമോ നല്ല പനിയുണ്ടല്ലോ മോളെ നീ ഇപ്പോൾ പച്ചവെള്ളം കുടിക്കണ്ട പക്ഷെ എനിക്ക് വല്ലാത്ത ദാഹമുണ്ടമ്മ എന്തെങ്കിലും കുടിക്കണോ കുറച്ചു കഞ്ഞിവെള്ളമോ ബാർലിവെള്ളമോ കൊണ്ടുവരട്ടെ അത്ര നേരം നീ ഒന്ന് വെറുതെ കിടക്ക് വേണ്ടമ്മ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ എനിക്ക് മരുന്നും ബാർലിവെള്ളവും റൊട്ടിയും മാത്രമായിരുന്നില്ലേ അതെന്റെ കുറ്റമാണോ മോളെ കുറ്റം എന്റേതുമല്ല ഈ ചീത്ത പനി തന്നെ എല്ലാത്തിനും കാരണം അതുകൊണ്ട് ഇപ്പോഴൊന്നും വേണ്ട പക്ഷെ മറ്റന്നാൾ മുതലെങ്കിലും എനിക്ക് ചോറുണ്ണാമോ എന്തൊരു വെപ്രാളമാണ് കുട്ടി നിന്റെ പനിയും ചുമയും എല്ലാം ഒന്ന് കുറയട്ടെ അതുവരെ നീ ചോറും പലഹാരവും ഒന്നും കഴിക്കണ്ട അപ്പോൾ ചേട്ടന് മാത്രം എല്ലാം പിന്നാം അല്ലേ ഇന്നലെ ചേട്ടനും വയർ വേദന പോലെ വാശി പിടിക്കണ്ടാ മോളെ രണ്ടു ദിവസം കൂടി കഴിയട്ടെ പിന്നെ നിനക്കെല്ലാം തിന്നാം ഈ ശനിയാഴ്ച എനിക്ക് തല കുളിക്കാമോ അമ്മ ഒന്ന് ചുമ്മാ കിടക്കുമോളെ ശനിയാഴ്ചക്ക് ഇനിയും മൂന്ന് ദിവസം ഇല്ലേ കുളിയുടെ കാര്യമൊക്കെ നമുക്ക് ആലോചിക്കാം നീ ഇപ്പോൾ മരുന്ന് കുടിക്കണം മണി പതിനൊന്നേ കാലായി ലിസൺ അമ്മ എനിക്ക് പച്ചവെള്ളം കുടിക്കാമോ അമ്മ എനിക്ക് പച്ചവെള്ളം കുടിക്കാമോ നല്ല പനിയുണ്ടല്ലോ മോളെ നല്ല പനിയുണ്ടല്ലോ മോളെ നീ ഇപ്പോൾ പച്ചവെള്ളം കുടിക്കണ്ട നീ ഇപ്പോൾ പച്ചവെള്ളം കുടിക്കണ്ട പക്ഷെ എനിക്ക് വല്ലാത്ത ദാഹം ഉണ്ടമ്മ പക്ഷെ എനിക്ക് വല്ലാത്ത ദാഹം ഉണ്ടമ്മ എന്തെങ്കിലും കുടിക്കണം എന്തെങ്കിലും കുടിക്കണം കുറച്ച് കഞ്ഞിവെള്ളമോ ബാർലി വെള്ളമോ കൊണ്ടുവരട്ടെ കുറച്ച് കഞ്ഞിവെള്ളമോ മോ കൊണ്ടുവരട്ടെ അത്ര നേരം നീ ഒന്ന് വെറുതെ കിടക്ക് അത്ര നേരം നീ ഒന്ന് വെറുതെ കിടക്ക് വേണ്ടമ്മ ഇന്നലെ മിനിഞ്ഞാന്നും ഒക്കെ എനിക്ക് മരുന്നും ബാർലിവെള്ളവും റൊട്ടിയും മാത്രമായിരുന്നില്ലേ വേണ്ടമ്മ ഇന്നലെ മിനിഞ്ഞും ഒക്കെ എനിക്ക് മരുന്നും ബാർലിവെള്ളവും റൊട്ടിയും മാത്രം ആയിരുന്നില്ലേ അതെന്റെ കുറ്റമാണോ മോളെ അതെന്റെ കുറ്റമാണോ മോളെ കുറ്റം എന്റേതുമല്ല കുറ്റം എന്റേതുമല്ല ഈ ചീത്ത പനി തന്നെ എല്ലാത്തിനും കാരണം ഈ ചീത്തപ്പനി തന്നെ എല്ലാത്തിനും കാരണം അതുകൊണ്ട് അതുകൊണ്ട് ഇപ്പോഴൊന്നും വേണ്ട ഇപ്പോഴൊന്നും വേണ്ട പക്ഷെ മറ്റന്നാൾ മുതലെങ്കിലും എനിക്ക് ചോറുണ്ടാമോ പക്ഷെ മറ്റന്നാൾ മുതലെങ്കിലും എനിക്ക് ചോറ് ഉണ്ടാമോ എന്തൊരു വെപ്പാളമാണ് കുട്ടി എന്തൊരു വെപ്പാളമാണ് കുട്ടി നിന്റെ പനിയും ചുമയും എല്ലാം ഒന്ന് കുറയട്ടെ നിന്റെ പനിയും ചുമയും എല്ലാം ഒന്ന് കുറയട്ടെ അതുവരെ നീ ചോറും പലഹാരവും ഒന്നും കഴിക്കണ്ട അതുവരെ നീ ചോറും പലഹാരവും ഒന്നും കഴിക്കണ്ട അപ്പോൾ ചേട്ടന് മാത്രം എല്ലാം തിന്നാം അല്ലേ അപ്പോൾ ചേട്ടന് മാത്രം എല്ലാം തിന്നാം അല്ലേ ഇന്നലെ ചേട്ടനും വേർ വേദന ഇന്നലെ ചേട്ടനും വേർ വേദന കൊച്ചു കുഞ്ഞിനെ പോലെ വാശി പിടിക്കണ്ട മോളെ കൊച്ചു കുഞ്ഞിനെ പോലെ വാശി പിടിക്കേണ്ടാ മോളെ രണ്ടു ദിവസം കൂടി കഴിയട്ടെ രണ്ടു ദിവസം കൂടി കഴിയട്ടെ പിന്നെ നിനക്കെല്ലാം തിന്നാം പിന്നെ നിനക്കെല്ലാം തിന്നാം ഈ ശനിയാഴ്ച എനിക്ക് തല കുളിക്കാമോ അമ്മ ഈ ശനിയാഴ്ച എനിക്ക് തല കുളിക്കാമോ അമ്മ ഒന്ന് ചുമ്മാ കിടക്കൂ മോളെ ഒന്ന് ചുമ്മാ കിടക്കുമോളെ ശനിയാഴ്ചക്ക് ഇനിയും മൂന്ന് ദിവസമില്ലേ ശനിയാഴ്ചക്ക് ഇനിയും മൂന്ന് ദിവസം ഇല്ലേ കുളിയുടെ കാര്യമൊക്കെ നമുക്ക് അപ്പോൾ ആലോചിക്കാം കുളിയുടെ കാര്യമൊക്കെ നമുക്കപ്പോൾ ആലോചിക്കാം നീ ഇപ്പോൾ മരുന്ന് കുടിക്കണം നീ ഇപ്പോൾ മരുന്ന് കുടിക്കണം മണി പതിനൊന്നേ കാലായി മണി പതിനൊന്നേ കാലായി ഡ്രിൽസ് റപ്പറ്റേഷൻ ഡ്രിൽ ചേട്ടന് മാത്രം എപ്പോഴും കളിക്കാം ചേട്ടന് മാത്രം എപ്പോഴും കളിക്കാം പോകാം നമുക്ക് വൈകുന്നേരം പോകാം മറ്റന്നാൾ നിങ്ങളെ വിളിക്കാം മറ്റന്നാൾ നിങ്ങളെ വിളിക്കാം നാളെ നിങ്ങൾക്ക് അവിടെ എത്താം നിങ്ങൾക്കവിടെ എത്താം എല്ലാവർക്കും ഈ പുസ്തകം വായിക്കാം എല്ലാവർക്കും ഈ പുസ്തകം വായിക്കാം എക്സ്പാൻഷൻ ഡ്രിൽ മോഡൽ കുഞ്ഞിനും കഴിക്കാം മരുന്ന് കൊച്ചുകുഞ്ഞിനും മരുന്ന് കഴിക്കാം ഡോക്ടറുടെ കൊച്ചുകുഞ്ഞിനും ഡോക്ടറുടെ മരുന്ന് കഴിക്കാം പുതിയ കൊച്ചുകുഞ്ഞിനും പുതിയ ഡോക്ടറുടെ മരുന്ന് കഴിക്കാം സിറ്റിയിലെ കൊച്ചുകുഞ്ഞിനും സിറ്റിയിലെ പുതിയ ഡോക്ടറുടെ മരുന്ന് കഴിക്കാം നൗ ഫോളോ ദോഡൽ നമുക്ക് കാണാം മറ്റന്നാൾ മറ്റന്നാൾ കാണാം സിനിമ നമുക്ക് സിനിമ മറ്റന്നാൾ കാണാം ഹിന്ദി നമുക്ക് ഹിന്ദി സിനിമ മറ്റന്നാൾ കാണാം നമുക്ക് ആ ഹിന്ദി സിനിമ മറ്റന്നാൾ കാണാം ചേട്ടന് പോകാം എല്ലാ സ്ഥലത്തും ചേട്ടന് എല്ലാ സ്ഥലത്തും പോകാം മാത്രം ചേട്ടന് മാത്രം എല്ലാ സ്ഥലത്തും പോകാം സബ്സ്റ്റിറ്റ്യൂഷൻ ഡ്രിൽ നിനക്ക് ഈ പുസ്തകം നോക്കാം വായിക്കാം നിനക്ക് ഈ പുസ്തകം വായിക്കാം കാണാം നിനക്ക് ഈ പുസ്തകം വാങ്ങിക്കാം എഴുതാം നിനക്ക് ഈ പുസ്തകം എഴുതാം ആസ്ദിക്കാം. നിനക്ക് ഈ പുസ്തകം ആസ്വദിക്കാം അദ്ദേഹത്തിന് എല്ലാവരെയും വിളിക്കാം ശല്യപ്പെടുത്താം അദ്ദേഹത്തിന് എല്ലാവരെയും ശല്യപ്പെടുത്താം കാണാം അദ്ദേഹത്തിന് എല്ലാവരെയും കാണാം പിടിക്കാം അദ്ദേഹത്തിന് എല്ലാവരെയും പിടിക്കാം അദ്ദേഹത്തിന് എല്ലാവരെയും നോക്കാം ഈ പുസ്തകം നമുക്ക് മധുവിന് കൊടുക്കാം സീതയ്ക്ക് ഈ പുസ്തകം നമുക്ക് സീതയ്ക്ക് കൊടുക്കാം രാമുവിന് ഈ പുസ്തകം നമുക്ക് രാമുവിന് കൊടുക്കാം സരോജത്തിന് ീ പുസ്തകം നമുക്ക് സരോജത്തിന് കൊടുക്കാം രാജന് ഈ പുസ്തകം നമുക്ക് രാജന് കൊടുക്കാം ലൈബ്രറിക്ക് ഈ പുസ്തകം നമുക്ക് ലൈബ്രറിക്ക് കൊടുക്കാം നിനക്ക് ഇന്ന് തന്നെ വീട്ടിലെത്താം എനിക്ക് എനിക്ക് ഇന്ന് തന്നെ വീട്ടിലെത്താം അവന് അവന് ഇന്ന് വീട്ടിലെത്താം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇന്ന് തന്നെ വീട്ടിലെത്താം അവൾക്ക് അവൾക്ക് ഇന്ന് വീട്ടിലെത്താം അവർക്ക് അവർക്ക് ഇന്ന് വീട്ടിലെത്താം അതിന് അതിന് വീട്ടിലെത്താം നമുക്ക് നമുക്ക് ഇന്ന് തന്നെ വീട്ടിലെത്താം സ്റ്റേറ്റ്മെന്റ് ഡ്രിൽ മോഡൽ അവൻ ആ കാര്യം പറയട്ടെ അവന് ആ കാര്യം പറയാം നൗ ഫോളോ ദോഡൽ കൊച്ചുകുട്ടികൾ കൊച്ചുകുട്ടികൾക്ക് എല്ലാം തിന്നാം അദ്ദേഹം സംസാരിക്കട്ടെ അദ്ദേഹത്തിന് സംസാരിക്കാം അവൾ കുഞ്ഞിനെ പോലെ വാശി അവൾക്ക് കുഞ്ഞിനെ वाशुपिम